സന്താനങ്ങൾ കുറവുള്ള വിവാഹിതരായ സ്ത്രീകളിൽ കൂടുതൽ കാണുന്നു വിവാഹിതരായ എന്നുള്ളത് പ്രാചീനരുപയോഗിച്ച പദമാണ് അത് ആധുനികമായി അങ്ങനെ വിചാരിക്കണമെന്നില്ല ഇത്രയും മാത്രം പഠിച്ചാൽ മതി തൽക്കാലം അപ്പോ ധമന്യ സംവൃതന്യാനാം സംസ് ദോഷാവിസരണ ുതം ധമനദ് കന്യാ സംസ ദോഷിസാസാം സ്ഥന എന്ന് സുശ്രുതം തന്നെ പറയുന്നുണ്ട് സ്തനവഹ സ്രോതസ്സുകൾ സംവൃതങ്ങളായിരിക്കുകയാൽ സ്രോതസ്സുകളാണ് ഇന്ന് രോഗങ്ങൾക്കൊക്കെ കാരണം മുഖ്യമായി ആയുർവേദം പല ദിശകളിലുള്ള രോഗകാരണങ്ങളെ പഠിച്ചിട്ടുണ്ട് അതിൽ സ്തനവിദ്രതി സ്തനകീലകം എന്നെല്ലാം പറയുന്ന സ്ഥനാർബുദത്തിൻ്റെ പ്രകൃഷ്ട കാരണങ്ങളിലൊന്ന് സ്തനവഹ സ്രോതസ്സുകളുണ്ട് പ്രാണവഹകൾ അന്നവഹകൾ രക്തവഹകൾ മാംസവഹകൾ മജ്ജാവഹകൾ രസവഹകൾ ഉദകവഹകൾ ഇങ്ങനെ സ്രോതസ്സുകൾ ഒരുപാടുണ്ട് ശരീരത്തിൽ സ്ഥിരകൾ ധമനികളൊക്കെയായി ഒട്ടേറെ ഉണ്ട് അവ രോഗത്തിൻ്റെ പ്രകൃഷ്ട കാരണങ്ങളിൽ ഒന്നാണ് ഈ കാലഘട്ടത്തിൽ പണ്ടും അവ രോഗത്തിന്റെ കാരണമായി പറഞ്ഞിട്ടുണ്ട് സുശ്രുതനും ചരകനും ഒക്കെ വളരെ വ്യക്തതമായി പറഞ്ഞിട്ടുണ്ട് രോഗകാരണങ്ങളെ ഓരോ കാരണങ്ങളായി ഓരോ കാരണങ്ങളായി അപഗ്രഹിച്ചുകൊണ്ടിരുമ്പോ ആയുർവേദത്തിന്റെ വൈദ്യശാസ്ത്ര പ്രകാരം പൂർവജന്മകൃതമായ പാപമാണ് രോഗം അവിടുന്ന് വിഭജനം വന്നു വന്ന് ദുഃഖമാണ് കാരണം അത് ആതിഭൗതികമാണ് ആധ്യാത്മികമാണ് ആദി ഇങ്ങനെ ഓരോന്നോരോന്ന് ശാരീരികമാണ് മാനസികമാണ് പല ദിശകളിൽ അതിനെ പഠിച്ചു പഠിച്ചു വന്ന് സ്രോതസ്സുകളാണ് രോഗത്തിന് കാരണമെന്ന് പറയുന്ന ഒരു പ്രകൃഷ്ട ഭാഗമുണ്ട് പക്ഷെ പൗരാണിക കാലത്ത് സ്രോതസ്സുകൾ രോഗങ്ങൾ കുറവാണ് ആധുനിക കാലത്ത് വളരെ കൂടുതലാണ് ഒന്ന് ആധുനികന് ബ്രഹ്മാണ്ടവും പിഡവും തമ്മിലുള്ള ബന്ധം ശാസ്ത്രം ബ്രഹ്മാണ്ട സമുഭൂതമായിരിക്കുന്ന ജീവനെ പരിഗണിക്കാതെ ഇരിക്കുമ്പോൾ ബ്രഹ്മാണ്ടത്തിലെ ചരാചരങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് ഗവേഷണം ചെയ്യാറില്ല തത്വചിന്തയുടെ കുറവാണ് പാറകൾ പൊട്ടിച്ച് രണ്ട് മലയുടെ ഇടുക്കുകൾ കെട്ടി സ്രോതസ്സാകുന്ന ജലസ്രോതസ്സുകളെ തടഞ്ഞാൽ അതിൻ്റെ കോൺട്രാക്ട് അത് കിട്ടുന്ന തൊഴിലാളി അത് ഭാവന ചെയ്യുന്ന ശാസ്ത്രലോകം ഇവരുടെ ഇവരുടെ സ്രോതസ്സുകൾ കടവ് മാനസികമായി സംഭവിക്കുകയും മസ്തിഷ്ക പര്യങ്കാധര അങ്ങനെ പ്രവർത്തിക്കുകയും അതനുസരിച്ച് സ്രോതോ ദുഷ്ടികരങ്ങളായ രോഗങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് ഗവേഷണമില്ല അന്ധവിശ്വാസമാണ് ഞാൻ പറഞ്ഞത് എന്നുവരെ എന്നുവരെ നിങ്ങൾ ഗവേഷണം ചെയ്യുന്നത് വരെ അതുകൊണ്ട് അതൊരു ഹൈപ്പോത്തസിസ് ആയി മാത്രം തൽക്കാലം എഴുതാമോ പക്ഷെ പ്രാചീനർക്ക് പഠനങ്ങൾ പ്രകൃതിയിലെ ജീവജാലങ്ങൾക്ക് സമമായി പ്രകൃതി സ്രോതസ്സുകളെ തുറന്നു വെച്ച് ഒഴുകുമ്പോൾ ജീവനവുമായി ബന്ധമില്ലാത്ത ആവശ്യങ്ങൾക്കായി വ്യാവസായിക പ്രാധാന്യത്തിൽ മാത്രമാണ് സ്രോതസ്സുകളെ തടുക്കുന്നതെങ്കിൽ അത് വ്യക്തികളുടെ സ്രോതോ ദുഷ്ടിക്ക് കാരണമായി തീരുമോ എന്ന് നമുക്ക് ഗവേഷണമില്ല തത്വചിന്താപരമായി പഠിക്കാമെന്നല്ലാതെ ശാസ്ത്രത്തിന് വെളിപാടുകളില്ല രംഗത്ത് ഗ്രാമം വിഭാവനം ചെയ്യുമ്പോൾ ഒരു വീട് വിഭാവനം ചെയ്യുമ്പോഴൊക്കെ ആ വീടാകുന്ന ഒരു സാമൂഹിക ശരീരമുണ്ട് അതിന് ധമനികളും സ്രോതസ്സുകളും ഒക്കെ വേണം അതിൻ്റെ അടുക്കളയിൽ നിന്ന് വെള്ളം പുറത്തേക്ക് പോകണം അതിന്റെ ചക്കൂസിൽ നിന്ന് വെള്ളം ടാങ്കിലേക്കും മറ്റുള്ള പോണം അവിടുന്ന് വെള്ളം ലീസ്പിറ്റിലേക്ക് പോകണം എവിടെ ജീവന്റെ ചേർച്ചകൾ ഉണ്ടാകുന്നു അവിടെയെല്ലാം സ്രോതസ്സുകൾ തുറന്നേ പറ്റും ആള് താമസിക്കാൻ തുടങ്ങിയാൽ ഏറെ ദൂരെ വെള്ളം കിട്ടണം ഭൂമിയുടെ സ്രോതസ്സുകൾ അങ്ങോട്ട് തുറങ്ങണം അപ്പൊ ഇതിനെ വെച്ചുകൊണ്ടുള്ളൊരു പഠനം പ്രാചീനർക്കുണ്ട് സൂവിയവും സുദൃഢവും സുതാര്യവുമായൊരു പഠനമാകും താമസിക്കുന്നവന്റെ സ്രോതോ വിശുദ്ധികരമായി വേണം ആധുനികനില്ലെന്നാണ് എൻ്റെ പക്ഷം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം ഈ അളവിലുള്ള ഏതെങ്കിലും പഠനങ്ങൾ കവിതയിലോ കഥയിലോ കെട്ടുകഥയിലോ ചരിത്രത്തിലോ സാമൂഹ്യ ഇടയിലോ വിദ്യാഭ്യാസ സംസ്കാരത്തിലോ ശാസ്ത്രത്തിലോ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പറയാം ഇല്ലെന്നാണ് എൻ്റെ ധാരണ കാരണം അല്ല ഞാൻ പഠിച്ചിട്ടില്ല ഞാൻ പഠിച്ചിടത്തോളം പരിമിതികളിൽ നിന്നുകൊണ്ട് പറയുമ്പോൾ ആ മേഖലയിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് മടിക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം നല്ല സാമഗ്രത തെറ്റാണ് അവിടെ ഉണ്ടെന്ന് പറയാം മടിയൊന്നും കാണിക്കണ്ട അതെനിക്ക് മുന്നോട്ട് പറയാൻ പോകുന്ന കാര്യങ്ങൾക്ക് എളുപ്പം കഴിഞ്ഞാൽ അവിടെ ഞാൻ തുടരാം കേൾക്കുന്ന നിങ്ങളുടെയും അറിവിലെങ്ങും അങ്ങനെ ഒരു പഠനമില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ എനിക്ക് തുടരാം ഹാബിറ്റാറ്റ് ടീമുകളൊന്നും സ്രോതസ്സുകളെ കുറിച്ച് പറഞ്ഞ് കേൾക്കുന്നില്ല ഒന്ന് പുതിയ ഹാബിറ്റാറ്റ് ടീമുകളിൽ പൈപ്പിലൂടെ ടാങ്കിലേക്ക് വെള്ളം വീഴുന്നതായിട്ടുള്ള കണക്കുകൾ മാത്രമേ ഉള്ളൂ അതിൽ രസകരമായ ഒന്ന് സ്രോതസ്സുകൾ കലർന്നാലത്തൊണ്ടാവുമെന്ന് പൊതുവെ അറിയാവുന്നതാണ് നിന്റെ വാൽവിനൊക്കെ വ്യതിയാനം വന്നാൽ അശുദ്ധങ്ങളായ രക്തങ്ങള് ഒഴുകുന്ന സ്ഥിരകളും അതിനെ ശുദ്ധീകരിച്ച് ഒഴുക്കുന്നവയും തമ്മിൽ വേർതിരിയുന്ന സ്ഥലത്ത് അവയെ കലരാതിരിക്കാൻ പ്രേരിപ്പിക്കുന്ന സ്ഥലത്ത് ഒരു ലീക്കുണ്ടായാൽ എന്താണ് ശരീരത്തിൽ സംഭവിക്കുന്നതെന്നറിയാം എറണാകുളത്തെ ഏത് വീട്ടിൽ ചെന്നാലും മുനിസിപ്പാലിറ്റിയിൽ നിന്ന് വരുന്ന പൈപ്പ് നേരിട്ട് കപ്പൂസിലും നേരിട്ട് അടുക്കളയിലെ ആവശ്യത്തിന് കയറും അമേരിക്ക പോലുള്ള വികസിത രാജ്യങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും ഇങ്ങനൊക്കെ തന്നെയാണ് അതൊക്കെ നിയന്ത്രിക്കണമെന്ന് നിയമം ഉണ്ടെങ്കിൽ തന്നെ അത് കൈക്കൂലി കൊണ്ട് തീരും ഒരു ടാങ്ക് കെട്ടി അതിലേക്ക് വെള്ളം ധാരയായി ഒഴുകുന്നുവെങ്കിൽ ആ ടാങ്കിൽ നിന്ന് പോകുന്ന പൈപ്പുകൾ കക്കൂസിലേക്ക് എത്തുന്നുവെങ്കിൽ ആ താരയായി ഒഴുകുന്നതിൽ പോലും മലിനില്ലല്ലോ അത്രയും സൂക്ഷിക്കണ ആരോഗ്യത്തിൽ വിട്ടുവിട്ടേ വീഴാവൂ തുപ്പുകയാവുള്ളൂ ഇങ്ങനെ ഇങ്ങനെ ഇടുകയാണെങ്കിൽ കക്കൂസിലെക്ക് ആ പൈപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ ടാങ്കിൽ നിന്ന് കക്കൂസിലേക്ക് സെപ്പറേറ്റ് ടാങ്ക് ഉണ്ടാക്കി അവിടുന്ന് ഒരു പൈപ്പ് സെപ്പറേറ്റ് ആയിട്ട് അതിലേക്ക് വയ്ക്കുകയാണെങ്കിൽ തന്നെ അത് ധാരായി ഒഴുകാൻ പാടില്ല ഇതാണ് പ്രാചീനന്റെ ആരോഗ്യശാസ്ത്രം ക്ഷേത്രത്തിൽ എത്തിയാൽ അകത്തു നിൽക്കുന്ന പൂജാരി തീർത്ഥം നിങ്ങൾക്ക് തരുമ്പോ ഇങ്ങനെയാണ് തരിക അത് ഐത്വ അനാചാരവും കൊണ്ടല്ല വൈറസുകൾ അമീപകൾ ബാക്ടീരിയകൾ ആ ജലസ്രോതസ്സിലൂടെ അകത്തുകയാണ് അത് സമൂഹത്തിന് മൊത്തം കിട്ടും ആ ജലം വഴി ഒരാൾക്ക് ദീർഘം കൊടുത്ത് അയാൾ കയ്യിൽ വാങ്ങിച്ച് സേവിച്ചിട്ട് അടുത്തയാളിന് കൊടുക്കുന്ന ദീർഘത്തിനകത്ത് ഇയാളുടെ ബാക്ടീരിയകളൊക്കെ ഇയാളുടെ കയ്യിൽ ബാക്ടീരിയകളൊക്കെ പെട്ടാൽ ആ ആരാധന തന്നെ രോഗമായി മാറും ആധുനിക ആരാധനാ പെട്ട് ആരാധനയും കഴിഞ്ഞ് തിരിച്ചെത്തിയാൽ രോഗിയായിട്ട് ആ വീട്ടിലെത്തുക പ്രാചീന ആരാധനാ അന്ധവിശ്വാസം എന്ന് പറഞ്ഞ് തള്ളുകയും ആധുനിക ആലോചനാ സമ്പ്രദായങ്ങളുടെ സോഷ്യലിസം വിപുലപ്പെടുത്തുകയും ചെയ്തപ്പോൾ മാരകമായ രോഗങ്ങൾക്ക് സാമൂഹിക ഭൂമിക ലഭിക്കുകയുണ്ടായി ഇന്ത്യക്കാരന്റെ കപ്പൽ അമേരിക്കയുടെ തീരത്തടുക്കാൻ സമ്മതിക്കില്ല ചൈനയുടെ കപ്പൽ അമേരിക്കയുടെ തീരത്തടുക്കാൻ സമ്മതിക്കില്ല അവിടെ അയിത്ത കാരണം ഈ കപ്പൽ എടുത്താൽ അവിടെ മാലിന്യമുണ്ടാവും അവിടെ ഈ പുകയെ അങ്ങോട്ടി എല്ലാം പാടില്ല സീറോ വേസ്റ്റിൽ എത്തിക്കണം ഏത് ഫാക്ടറി തുടങ്ങിയാലും സീറോ വയസ്സിലെത്തിക്കാൻ പറ്റില്ല ഫാക്ടറികൾ തുടങ്ങിയാൽ സീറോ വയസ്സിൽ എത്തിക്കാൻ പറ്റില്ലെങ്കിൽ ഫാക്ടറി ഇവിടെ തുടങ്ങണ്ട അന്യ രാജ്യത്ത് തുടങ്ങിയാണെങ്കിൽ ഗുണനിധിണ്ടെന്നാ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് അന്വേഷിച്ചു നോക്കാം കള്ളം പറഞ്ഞുകൊണ്ട് തോന്നിയാൽ എന്നെ തല്ലാം അല്ലെങ്കിൽ ഇതെല്ലാം നിങ്ങളൊക്കെ അമേരിക്കയുടെ വേസ്റ്റ് അല്ലേ ഇനി വേറെ വേസ്റ്റ് കൊണ്ട് വായിക്കാനല്ല പറയുന്ന വേറെ തോന്നും വേസ്റ്റ് ഒന്നും അല്ലാന്ന് അവരുടെ റേഷതല്ലേ നമ്മൾ സംസാരിക്കുന്നതാണ് അല്ല നമുക്ക് സ്വന്തമായൊരു ഭാഷയോ സ്വന്തമായൊരു സംസ്കൃതിയോ സ്വന്തമായ അപ്പനമ്മമാരോ ഒക്കെ ഉണ്ടോ പറയുന്നത് കേട്ടതൊന്നും ചൂണ്ടി കൊടുത്താൽ ആദ്യമല്ലോ ചെയ്യലോ എന്ന് എഴുതിയിട്ടായിരിക്കും അമ്പിയായിരിക്കും അതുകൊണ്ട് സ്രോതോ ദുഷ്ടികരങ്ങളായ തലങ്ങളിൽ സമഷ്ടിയിലെ സ്രോതസ്സിനെ ദൂഷിപ്പിക്കുമ്പോൾ പഴയ ആളുകൾ അതുകൊണ്ടാണ് സംസ്കാരപൂർവ്വം പെരുമാറിയത് െല്ലാം വേസ്റ്റ് ഒക്കെ കൊണ്ട് ഓടയിൽ ഇടുകയല്ല നമ്മളാ ഓടയിലേക്ക് തള്ളും ആ ഓടയിൽ കൂടി കെട്ടിയെടുമ്പോ അത് തടഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അകത്തും ഉണ്ടാവും അപ്പൊ സ്രോതസ് ദൂഷിച്ചിട്ട് സ്രോതസ്സുകൾ സംവൃതങ്ങളായിരിക്കുമ്പോൾ ദോഷപ്രസരണം പറ്റില്ല അതാണ് കന്നീരുകളിൽ കാണുന്നത് അതുകൊണ്ടാണ് കന്നീരുകളിൽ പ്രായണ സ്തനാമയങ്ങൾ കുറവായത് അതാണ് പറഞ്ഞത് ദോഷവിസരണ കന്യകൾക്ക് സ്ഥനാമയങ്ങൾ ഉണ്ടാകാത്തത് അതുകൊണ്ടാണ് ഗർഭിണീനാം സ്വഭാ വിവൃത ജാതവന്യതം ഗർഭം ധരിക്കുകയോ പ്രസവിക്കുകയോ ചെയ്താൽ ോതസ്സുകൾ സ്വാഭാവികമായി വിവൃതങ്ങളാകുന്നു അവ തുറക്കുന്നു അപ്പോൾ സ്ഥനാമയങ്ങൾ ഉണ്ടാവുന്നു സർവശരീരവ്യാപിയായിരിക്കുന്ന ദോഷങ്ങൾ സ്ഥനങ്ങളെ ആശ്രയിച്ച് ഗ്രന്ഥിയായിത്തീരുകയും റിക്തരക്തങ്ങളുടെ ആധിക്യത്തിൽ പാകമായിത്തീരുകയും ചെയ്യാം െ ആശ്രയിച്ചുണ്ടാകുന്ന അർബുദത്തിൽ മാംസധാതുവിനായിരിക്കും പ്രാധാന്യവും ഈ രീതിയിലാണ് ആ അർബുദത്തെ പൊയ്ക്കാൻ അങ്ങനെയാണോ അവർ ചികിത്സയൊക്കെ നിശ്ചയിക്കാൻ മാംസം പ്രദുഷ്ടം ജനേദി ശോഭം അവേദനം സ്നിഗ്ധം അനന്യവർണം അപാകം അശ്മോപമം ചാപലം എന്ന് സുശ്രുതം വളരെ ഭംഗിയായി പറയുന്നു അതായത് ദോഷങ്ങൾ സ്ഥനങ്ങളിലെ മാംസത്തെ ദുഷിപ്പിച്ച് ശോഭത്തെ ഉണ്ടാക്കുന്നു ആദ്യം നീർക്കെട്ടുണ്ടാക്കുന്നു ഒരു നീരുണ്ടാക്കുന്നു അത് വേദന കൂടാത്തതും സ്നേധവും ശരീരത്തിന്റെ വർണ്ണത്തോടു കൂടിയതും പഴുക്കാത്തതുമായ കല്ല് പോലെ ഉറപ്പുള്ളതും ആയിരിക്കും ചുരുക്കത്തിൽ മേധോമാംസരക്തങ്ങളെ ആശ്രയിച്ച് കോപിക്കുന്ന വാതാദി ദോഷങ്ങൾ സ്ഥാനങ്ങളിൽ ഗ്രന്ഥിരൂപത്തിൽ സംജാതമാകും മുഴകളായി സംജാതമാകും തുടർന്ന് അപത്യാഹാരാചാരങ്ങളാൽ അർബുദമായി പരിഗണിക്കും അതുവരെ ഇതവിടെ ഇരിക്കുകയുള്ളു ഒരു അനുകൂല പരിതസ്ഥിതി കൊടുക്കുന്നവരെ അതവിടെ ഇരിക്കും ഒരു ചെറിയ അനുകൂല പരിതസ്ഥിതി കിട്ടിയാൽ അവ പഴുക്കുകയോ വിടരുകയോ ഒക്കെ െ വൃത്തം സ്ഥിരം മന്ദരുചം മഹാന്തം അനല്പമൂലം ചിലവൃത്തി അഭാഗം എന്ന കണക്കിന് അതായത് വൃത്തം വൃത്താകാരത്തിലുള്ളതാകുന്നു സ്ഥിരമാകുന്നു കട്ടിയുള്ളതാകുന്നു വേദനയുള്ളതാകുന്നു മന്ദരുചമാകുന്നു ചെറുത് ചെറുതായി വേദനിച്ചു വരുന്നു മഹാന്തമാകുന്നു അനൽപങ്ങളായ വേരുകളോടുകൂടിയതാകുന്നു മൂലങ്ങളോടുകൂടിയതാകുന്നു പലയിടത്തേക്ക് വേരുകൾ നീട്ടി വളരുന്നു സ്രോതസ് വഴി ഒരു സ്രോതസ്സിൽ നിന്ന് അതിൻ്റെ അംശങ്ങളെ കോശങ്ങളോ ടിഷ്യൂകളോ വഴി കൂട്ടിക്കൊണ്ടുപോയി മറ്റുള്ളടത്ത് പടരുന്നു അങ്ങനെ അനൽപമൂലമാകുന്നു അത് അപാകമാകുന്നു ചിരവൃത്തി അപാകം കാൽസിനോമ എന്നുള്ള നല്ല രീതിയിൽ നിർദ്ദേശിക്കുന്നു സുശ്രുതാചാരനും മറ്റും ചരകാചാര്യനും മറ്റും വളരെ ഭംഗിയായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് അന്നേക്കും അന്ന് അതുകൊണ്ട് ഇത് പഠിപ്പിച്ച് വീടുകളിലെല്ലാം പഠിച്ച് അമ്മമാർ കുട്ടികളെ പഠിപ്പിച്ച് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഇരിക്കണം എന്ന് പഠിപ്പിച്ചതനുസരിച്ച കാലങ്ങളിൽ ഈ രോഗം വർദ്ധിച്ചിട്ടില്ല നിങ്ങൾ നോക്കിയാൽ മതി അറുപതുകൾക്ക് മുമ്പ് എത്ര ക്യാൻസർ രോഗികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് നോക്കിട്ട് അവിടെയാണ് ഈ ജീവിതത്തിന്റെ പ്രയോജനം കിട്ടുന്നത് മര്യാദയ്ക്ക് ഇങ്ങനെ ഒരു രോഗസാധ്യതയെ അറിഞ്ഞ് ജീവിക്കാൻ ഈ ശാസ്ത്രം അറിയേണ്ടത് വീട്ടിലാണ് രോഗം ഉണ്ടായിക്കഴിഞ്ഞു മാത്രമേ ബിഷ്വരനു വല്ലോം ചെയ്യാൻ പറ്റുകയുള്ളൂ തടയാനാവില്ല മറിച്ച് അമ്മ അറിഞ്ഞിരുന്നാൽ തടയാനാവൂ അമ്മമാർ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കൂ ഇന്ന പോലെ ജീവിക്കണം ചെയ്യണം കേരളത്തിൽ ഇന്നൊരു നല്ല സർവേ നടത്തുകയാണെങ്കിൽ പരിണത പ്രജ്ഞരും വിദ്യാസമ്പന്നരും ആധുനിക രീതിയിൽ ജീവിക്കുന്നതും ആവുന്നവരും ആധുനിക ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നവരുമായ ആളുകളിൽ ഗുദം സർവീസ് തുടങ്ങിയ ഭാഗങ്ങളെ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ അന്നനാളം പരിശോധിച്ചു നോക്കിയാൽ എച്ച് ഹ്യൂമൻ പാപ്പുലോമ വൈറസ് ഇന്ന് വളരെ കൂടുതലായിരിക്കും ശുദ്ധമായി ജീവിക്കാത്തതിൻ്റെ ഏറ്റവും വലിയ ലക്ഷണമാണ് വൈറൽ ക്യാൻസറുകളുടെ ഒരു തേരോട്ടമായിരിക്കും നടക്കുന്നത് പഴയ കാലത്തൊന്നും ഉണ്ടാവില്ല ക്യാൻസർ പരിഹരിക്കാൻ ഓടി പ്രയോജനമില്ല അർത്ഥവം പ്രസവം മുതലായവയിലൊക്കെ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ നാപ്കിനുകൾ അവയിൽ നിന്ന് ഇവർ വളരെ കൂടുതലുള്ള കാലമാണ് സ്രോതോതുഷ്ടികരങ്ങളായ രോഗങ്ങളുടെ പരിഷ്കരമാകണം അതിനെയൊക്കെ സാമൂഹ്യ ശാസ്ത്രത്തിന്റെ വെളിച്ചത്തിൽ കൗടുംബിക ജീവിതത്തിന്റെ വെളിച്ചത്തിൽ സംസ്കാരത്തിന്റെ വെളിച്ചത്തിൽ വിദ്യാഭ്യാസത്തിന്റെ വെളിച്ചത്തിലൊക്കെ ചർച്ച ചെയ്യുകയും പഠിക്കുകയും ചെയ്ത് കൃത്യതയോടുകൂടി അറിഞ്ഞ് ജീവിതം ഭംഗിയായി നയിച്ച ഒരു സംസ്കൃതി ഉണ്ടായിരുന്നു അതിലൂടെ അമ്മമാർക്ക് അറിയുമായിരുന്നു അർത്ഥവം കഴിഞ്ഞാൽ എങ്ങനെ കുളിയും ശുചിയും ശുചിത്വവും ഒക്കെ പാലിക്കണമെന്നും എന്തുകൊണ്ടത് തടയരുതെന്നും വേഗമാണെന്നും എങ്ങനെയാണത് ആ സമയത്ത് സമൂഹത്തിൽ നടക്കേണ്ടതെന്നും അതിലുപയോഗിക്കേണ്ട വസ്ത്രങ്ങൾ എന്തൊക്കെയായിരിക്കണമെന്നും അതെങ്ങനെയൊക്കെ വൃത്തിയാക്കണമെന്നും കൃത്യമായൊരു അമ്മ മക്കൾക്ക് പറഞ്ഞു കൊടുത്തിരുന്നു പക്ഷെ ഗവേഷണം നടന്നത് അത് കടയിൽ നിന്ന് വാങ്ങിക്കാൻ എളുപ്പമുണ്ടോ എന്ന് മാത്രമാണ് രോഗം തടയുമോ എന്ന് ഗവേഷണം നടന്നിട്ടില്ല അത് വാങ്ങിച്ചാൽ കടയിൽ നിന്ന് എങ്ങനെ ഉപയോഗിക്കാമെന്ന് തീരുമാനിച്ചിട്ടില്ല ഇത് വളരെ സങ്കീർണങ്ങളായ രോഗങ്ങളെ ഉണ്ടാക്കുക അതിസങ്കീർണങ്ങളായ എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ഒരു അൻപത് ശതമാനം പേരെങ്കിലും സർവിക്സിൽ നിന്ന് സ്മീയർ എടുത്ത് പരിശോധിച്ചാൽ എച്ച് പി വി ഉള്ളവരായിരിക്കും അൻപത് ശതമാനം പേരെങ്കിലും പുറത്തുവിട്ടാൽ ഭയം കൊണ്ട് മാത്രം സ്ത്രീകൾ മരിച്ചു കച്ചവട സംഘങ്ങൾക്ക് ഉത്തരം പറയാനുണ്ടാവില്ല ചികിത്സാശാസ്ത്രം വികസിപ്പിച്ച രംഗങ്ങൾക്കും ഇതിന് ഉത്തരം പറയാനുണ്ടാവില്ല അത്ര സങ്കീർണമായിട്ടാണ് പഠിച്ചു നോക്കിയാലേ മനസ്സിലാവുള്ളൂ അപ്പോഴാണ് സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പെഴുതിയ പുസ്തകത്തിൽ ഇങ്ങനെയൊക്കെ കാണുക ശ്രോതാവിശുദ്ധികരമാകുമാറു വേണം ജീവിക്കാൻ സ്രോതത്തിന്റെ അശുദ്ധി കൊണ്ടുവരുന്ന എല്ലാ രോഗങ്ങളും വെരിക്കോസിൽ നിന്ന് പണിയെടുക്കുകയാണ് അതുകൊണ്ട് വെരിക്കോസിൽ പഴയ കള്ളമാരൊക്കെ പിന്നെ ഇരുന്നാണ് വന്നിട്ട് ചോദ്യം മനസ്സിലായില്ല ചോദ്യം പിടിയിട്ടില്ല അവർ ഇരുന്ന് മാത്രമാണ് പറഞ്ഞിട്ട് സ്രോതസ്സിൽ ഇത്രയും അശുദ്ധി പണ്ട് കണ്ടില്ലല്ലോ ഹാർട്ടിന്റെ ബ്ലോക്ക് സ്രോതസ്സിന്റെ അശുദ്ധീകരമാണ് കരണമാണ് മൂത്രാശയത്തിലൊക്കെ കല്ല് മൂത്രനാടിയിൽ കല്ല് എല്ലാം വരുന്ന രോധമാണ് സ്രോതോ രോധം ഈ കാലഘട്ടത്തിൽ വളരെ കൂടിയിട്ടുണ്ട് കണ്ണിന്റെയും ചെവിയുടെയും ഒക്കെ നേരവുകളുടെ പ്രവർത്തനക്ഷമത നഷ്ടപ്പെടുക സ്രോതസ്സിനെ ബാധിക്കുന്ന രോഗങ്ങളുടെ എണ്ണം ഈ കാലഘട്ടത്തിൽ കൂടുതൽ സാമൂഹികമായി സമഷ്ടി സ്രോതസ്സുകളെ തകർത്തത് കൊണ്ടായിരിക്കുമോ അന്വേഷണത്തിന് അന്വേഷണത്തിന് കാര്യമായ പ്രസക്തി ഒരു പൊട്ടത്തരമാണ് അന്ധവിശ്വാസം നല്ലാതെ വേറെ സ്രോതസ് പൊട്ടിച്ചുണ്ടാക്കണം അങ്ങനെ ഉണ്ടാക്കുന്നുണ്ട് ശരീരം അപൂർവമായി അപൂർവമായി ബൈപ്പാസൊക്കെ പ്രകൃതി തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് ചില സമയത്ത് ഇതിനെ താങ്ങാൻ പറ്റാതെ വരുമ്പോഴത്തേക്കിന് പൊട്ടിക്കുവല്ലോ പ്രകൃതിയിൽ ജീവിക്കുമ്പോൾ പ്രകൃതിയെയും തന്നെയും ഒക്കെ ചേർത്ത് വെച്ചു വേണം കാണാൻ അപ്പൊ ഇത് സ്രോതോവഹകള് ആയ മേധോവഹകളായ മാംസവഹകളായ രക്തവഹകളായ സ്രോതസ്സുകളെ ആശ്രയിച്ച് കോപിക്കുന്ന വാദാദി ദോഷങ്ങൾ സ്ഥനഗ്രന്ഥിയാണ് ആദ്യം പഠിക്കാനുള്ളതെന്നുള്ളത് കൊണ്ട് സ്ഥലങ്ങളിൽ ഗ്രന്ഥിരൂപത്തിൽ സംജാതങ്ങളാകും അങ്ങനെ ഉണ്ടായാലവിടെ ഇരിക്കുള്ളൂ ആ സമയത്ത് ചുക്ക് മോറിലരച്ച് ആ തടിപ്പ് കാണുമ്പോഴേ വരുന്നത് ചെറിയ തടുപ്പായിരിക്കുമ്പോഴേ അപ്പം അല്പം മോരില് ചുക്കരച്ച് വരട്ടിയാലും വറ്റിപ്പോ അത്ര സിമ്പിളാണ് ഈ സാധനം പത്ത് പൈസ കൂടുതൽ മുടക്കണ്ട പഴയ കുറഞ്ഞു കൊടുക്കും മുളയിലൽപ്പം ചുക്കരച്ചത് പോലയമ്മമാര് സ്രോതസ് മൊത്തം തുറക്കാൻ കാട്ടുവെള്ളരിയുടെ കായ പിഴിഞ്ഞ നീലിൽ ഇറക്കി നിർത്തും ഒരു മണിക്കൂർ ആര് വേലി ഈ സ്രോതോവാഹകളുടെ വൃത്തിയുമൊക്കെ പെട്ടെന്ന് കാട്ടുവെള്ളരിയുടെ നീരില് പാദം മൂടുന്ന അത്രയും നീരില് വെള്ളരിക്കായടെ ഇറക്കി നിർത്തും ഏഴിനൊക്കെ വെച്ചാൽ പക്ഷെ നിൽക്കുമ്പോഴാണ് സ്രോതസ്സെല്ലാം നേരെ അതിൻ്റെ തിരിയ ഗമനങ്ങൾ പോലും ലംബഗമനങ്ങളായി മാറുന്നു അതുകൊണ്ട് നിൽക്കാനാണ് അവർ പറഞ്ഞിട്ടുള്ളത് സ്രോതസ്സുകളിൽ നിന്നെല്ലാമുള്ള മാലിന്യം മുള്ളൻചീരയുടെ നീര് സ്രോതോ ശുദ്ധിയുണ്ടാക്കുന്നതാണ് തേൽക്കട സ്രോതോ ശുദ്ധി ഉണ്ടാക്കുന്നതാണ് ബ്ലോക്കിലൊക്കെ തേൽക്കട പേര് കഷായം വെച്ച് കൊടുത്താൽ പെട്ടെന്ന് പോകും തേക്കിൻ്റെ ഗുരു സ്രോതോ ശുദ്ധി ഉണ്ടാക്കുന്നതാണ് സ്റ്റോണൊക്കെ കളയുന്നത് കൊണ്ടാണ് സ്റ്റോൺ അരച്ച് കൊടുത്താല് സ്റ്റോണിന് തേക്കിൻ്റെ ഗുരു അരച്ച് കൊടുത്താൽ പിന്നെ നാലു ദിവസവും അഞ്ചു ദിവസമോ കഴിച്ചിട്ട് പോയി സ്കാൻഡ് എടുത്ത് നോക്കാം നീര് ഇല മൊത്തം സമൂലം പിഴിഞ്ഞ നീര് ഇതൊക്കെ സ്രോതോ ശുദ്ധികരങ്ങളായ ഔഷധങ്ങളിൽ പെടുവതല്ല ഉദാഹരണത്തിന് പറഞ്ഞെന്നതേ ഉള്ളൂ ഏകൂരച്ച് വെറുതെ കഴുകിയാൽ നാവിക്ക് വിറ്റുവിടുകയും ചെയ്ത സ്റ്റോണും മറ്റുമൊക്കെ പെട്ടെന്ന് പോവും അലുത്തുപോകും പോരെണ്ണം മതി ഒരു വെരിപ്പ് ആ ഒരെണ്ണത്തിന്റെ പകുതി അത്രയും അരച്ച് കഴിച്ചാൽ ഡേലി അത് തന്നെ വളരെ കൂടുതലാണ് അളവ് വളരെ കൂടുതലാണ് സ്രോതോ അശുദ്ധികരങ്ങളായിരിക്കുന്ന എല്ലാ ക്യാൻസറും കല്ലുരുക്കി കൊണ്ടുപോകും കല്ലുരുക്കി പിന്നെ തുടക്കത്തിൽ അരച്ച് കഴിച്ചാൽ പാലിൽ കഴിച്ചാൽ എല്ലാ ക്യാൻസറും പോകും ഏമല്ലോതോ അശുദ്ധികരങ്ങളായ അല്ലാത്തവേണ്ട് ഇപ്പൊ ഹ്യൂമൻ പാപ്പുലോമോ വൈറസ് ഒരുക്കുന്ന ക്യാൻസറുണ്ട് എച്ച് പി വി സെർവിക്സിലെ വരുന്ന ചില ക്യാൻസറുകൾ ഒക്കെ അവകുപ്പിൽപ്പെട്ടതാണ് അവയ്ക്ക് അലച്ചു കൊടുത്തിട്ട് പോയില്ല എന്ന് പറയാനുള്ളവര് എന്താ തിരിച്ചറിയണം സ്രോതസ് ദുഷിച്ചിട്ട് അവിടെ കെട്ടി നിന്ന് ആദ്യം തടഞ്ഞ് ആമയമായി ഗ്രന്ഥി രൂപത്തിൽ വികസിക്കും മനോഹകളായിരുന്ന സ്രോതസ്സുകളിൽ നിന്ന് സംസ്കാര രൂപേണ ഉണ്ടാകുന്ന ചിന്തകൾ എൻഡോക്രൈൻകാന്റുകളെ ബാധിച്ച് ഉൽപാദനേന്ദ്രിയ വ്യവസ്ഥയുടെ സ്രോതോവകളിലെത്തി അവിടെ നിന്ന് ഹോർമോണുകളെ വിസർജിച്ച് ഗ്രന്ഥികളായി രൂപാന്തരപ്പെടും ഓവേറിയൻ സിസ്റ്റുകളും യൂട്ടറിയൻ ഫൈബ്രോയിഡുകളും ഒക്കെ പട്ടികപ്പെടും ഈ വകുപ്പിൽ പെട്ടതുകൊണ്ട് വരുന്നതും സെർവിക്സിൽ വരുന്നതും ഒക്കെയായ പാപ്പിരോമ വൈറൽ ക്യാൻസർ ഉണ്ട് അത് ഇത് സ്രോതസ്സിനെ ദുഷിപ്പിച്ചു വരുന്നതാണ് സ്രോതസ്സിനെ നശിപ്പിച്ച് യുട്രസിലും ഓവറിയിലും ഒക്കെ ഉണ്ടാവും ചിലപ്പോ അതും വിദ്രഥിയാ അത് നമുക്ക് പിന്നീട് കാണാനുണ്ട് അങ്ങനെ വരുന്നവയും സ്രോതോ ഔഷധങ്ങൾ ആദ്യം കഴിച്ചാൽ മാറും മാറിയാലും വരും കാരണം മനവഹസ്രോതസ്സുകളെ മാറ്റിയില്ലെങ്കിൽ വീണ്ടും വരും മനോവഹകളായ സ്രോതസ്സുകളിൽ ഇത് ഉണ്ടാവുന്നത് പണ്ട് കാലത്ത് ആലോചിച്ചു കുട്ടികളുണ്ട് അപ്പൊ അമ്മയുടെ ഒരാഗ്രഹത്തിനെ പറ്റി ഒരു കുഞ്ഞുണ്ടാവും മറ്റൊരാഗ്രഹത്തിനെ പറ്റി വേറൊരു കുഞ്ഞുണ്ടാവും അതായത് ഏതെങ്കിലും ഒരു മൗനമായി ഭജനയും കാര്യവും ഒക്കെ പോകുന്ന ആളെ കണ്ടപ്പോ അമ്മയ്ക്ക് തോന്നി ഇതുപോലെ ഇരിക്കണം മക്കളും തോന്നിയ ഒരുത്തനും ഉണ്ടാവും ഏത് കാര്യത്തിനും ചാടി കയറിപ്പോയി തല്ലും കൊടുത്ത് സാനം കയറി സാധിച്ചുകൊണ്ട് പറയാൻ അവർ മകലിൽല്ലോ കുത്തിക്ക് അങ്ങനെ ഒരുത്തനും കാണും പഠിക്കാൻ പഠിക്കാനായിട്ട് വേറൊരു തൊല്ലോ അങ്ങനെ ഒരു വീട്ടിനകത്ത് തന്നെ ഒരു ലോകം ഉണ്ടാവും ഒരു മിനി ലോകം വീടി പണ്ടുകാലം തങ്ങളൊരു സൗഭാഗ്യ അമ്മമാർക്കും ഉണ്ടായിരുന്നു ഈ ഒന്നേ ഒന്ന് കണ്ണേ കണ്ണായി തോന്നുമ്പോ ആരെയും ഒരണേ ഉള്ളൂ ഇതെല്ലാം കൂടെ കൂടി സാറ്റിസ്ഫൈ ചെയ്യാം കുറച്ച് കഴിയുമ്പോ അമ്മയ്ക്ക് സംഘർഷം ഉണ്ടാവും അപ്പൊ ഹൈപ്പോത്തലാമസും അഡ്രീന അഡ്രീനലും അതിൻ്റെ കൂട്ടത്തിൽ എൻഡോക്രൈൻ ലാൻഡുകളും ഒക്കെ കൂടെ കൂട്ടിച്ചേർന്നിട്ട് ചില സ്രോതസ്സുകളിൽ ചില സ്രവങ്ങളെ വിസർജിക്കും ആ ഹോർമോണൽ സ്രവങ്ങൾ അതിൻ്റെ കൂടെ വരുന്ന ഹെൻസൈവുകൾ ആഹാരവചന പാചന പ്രക്രിയയെറ്റാബോളിസത്തെയും ആനാബോളിസത്തെയും മെറ്റാബോളിസത്തെ ആകെ മാറ്റി അപ്പോൾ ആ സ്രോതസ്സുകളിൽ ഉൽപാദന പ്രക്രിയയുടെ തലങ്ങളിൽ ഗർഭത്തിൻ്റെ മാതിരിയുള്ള വ്യതിരണ്ടാവും അവയ സിസ്റ്റം എന്നൊക്കെ പറയുന്നത് ഇത് കണ്ടിച്ച് കളഞ്ഞാലും ഒരു ഔഷധം കഴിച്ചിട്ട് വറ്റിപ്പോയാലും കുറച്ചും മനസ്സ് മാറ്റിക്കൊടുത്തിട്ടില്ലെങ്കിൽ വീട്ടിൽ വരും ഇങ്ങനെയൊക്കെയാണ് അവര് ഈ ഫിലോസഫിയുടെ സാധ്യത വല്ലതും മനസ്സിലായതോ ആവോ ഇത്രയുള്ള ചിന്തിക്കുന്നുണ്ടോ ഇതാണ് വൈദ്യശാസ്ത്രം കൊണ്ട് വരുത്തി വരുത്തി വെച്ചതല്ല വീട്ടിൽ നിന്ന് ജീവിക്കുമ്പോൾ ജീവിക്കേണ്ട പോലെ ജീവിക്കാത്തത് കൊണ്ട് വരുത്തി വെച്ചതാണ് അതാണ് സ്രോതോ വഹികൾ എന്നൊക്കെ പറഞ്ഞത് അപ്പൊ അങ്ങനെ ആദ്യം ഇത് ഉണ്ടായി കഴിഞ്ഞാൽ അതവിടെ ഇരിക്കും വലിയ ശല്യൊന്നും ചെയ്യില്ല ചെറിയ പ്രവൃത്തി കൊണ്ട് ക്രിയാക്രമം കൊണ്ട് സ്ഥാനം പോവും ആ ക്രിയാക്രമമൊന്നും ചെയ്യുന്നില്ലെങ്കിൽ അന്നപാനാദികൾ തെറ്റുമ്പോൾ ആഹാര ആചാര ൊണ്ട് അർബുമായി പരിണനം അങ്ങനെ ഇത് അർബുദമാകുന്നത് അല്ലെങ്കിൽ ഇത് ബെനൈനാണ് ചിലപ്പോ കത്തി കൊണ്ടാലാണ് അർബുദമാകുന്നത് ചിലപ്പോ ഒരു റേഡിയേഷൻസ് തട്ടുമ്പോഴാണ് അർബുദമാകുന്നത് ഭൂമിയിൽ ചില റേഡിയേഷൻസ് ഉള്ള ഏരിയകളിൽ പശുക്കൾക്കും പട്ടികൾക്കും ഒക്കെ അർബുദമുണ്ട് അവരുടെ മാംസം അവരുടെ പാല് ഒക്കെ അറുപത് കോശങ്ങളെ സൃഷ്ടിക്കാൻ പര്യാപ്തമാണ് കേരളത്തിൽ തന്നെ മൂന്നു നാല് സ്ഥലങ്ങള് പണ്ട് സർവേ ചെയ്ത് ഡബ്ല്യു എച്ച്ഒ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് സ്ഥലങ്ങളൊക്കെ പറയുന്ന മര്യാദ ഏ ആ കൊല്ലത്തുണ്ട് കുഞ്ഞിമംഗലത്തിനടുത്ത് വടക്കൻ കേരളം അങ്ങനെ ഏരിയകളൊക്കെ മാർക്ക് ചെയ്തു വെച്ചിട്ടുണ്ട് റേഡിയേഷൻ വിസർജിക്കുന്ന ഏരിയകൾ വളരെ ശക്തമായി വളരെ പണ്ട് അമ്പത്തൊമ്പതിലാണെന്നാണ് എൻ്റെ ഓർമ്മ അല്ലെങ്കിൽ ദക്ഷിണ ഇതുപോലെ ശരീരത്തിന്റെ ചില തലങ്ങളിൽ കോശങ്ങൾ മരിക്കുന്നുണ്ടാകാൻ തുടങ്ങും അത് ആഹാരം വിഹാരം ആചാരം ഒക്കെ കൊണ്ടാണ് എന്താ സൂക്ഷിക്കണം അതങ്ങനെ തന്നെ പറയുന്നുണ്ട് ശീതകന്ന വിദാഷ്ണ രൂക്ഷ ശുഷ്കാദി ഭോജന വിരുദ്ധാചീർ സംക്ലിഷ്ട വിഷമാസാത്മഭോജന എന്ന് ചരകം പറയുന്നുണ്ട് ശീതകന്ന വിഹിഷ്ണുക്ഷാതി ഭോജന വിരുദ്ധാചീർണ സംക്ലിഷ്ട വിഷമാസ്യാത്മ ഭോജനാ തണുത്തത് കഴിക്കുക ഇരുന്ന് പഴകിയത് കഴിക്കുക ഉൾപ്പുഴുക്കുണ്ടാക്കുന്നത് കഴിക്കുക അഗ്നിമാദ്യം ഉണ്ടാക്കുന്നത് കഴിക്കുക ആധുനികന്റെ ഭക്ഷണത്തിലൊക്കെ അഗ്നിമാന്തിയുണ്ടാക്കുന്ന സാധനങ്ങളുടെ ഒരു നര അലിയത് ഒന്നാമനാണ് ഇന്ത്യയിൽ ഭക്ഷണം കഴിക്കുന്നിടത്ത് മാത്രമാണ് മൊബൈൽ വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ ശ്രദ്ധയാണ് അതിനെന്തൊക്കെ വേണമെന്ന് നിങ്ങൾക്ക് വളരെ നിർബന്ധങ്ങളുണ്ട് ഇരുപത്തി ഒമ്പതിനായിരോ മുപ്പതിനായിരോ അമ്പതിനായിരമോ കൊടുത്ത് വാങ്ങിക്കുമ്പോൾ അതിൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ലെങ്കിൽ പോലും ഇന്ന ഫെസിലിറ്റികളൊക്കെ വേണമെന്ന് നിർബന്ധത്തിൽ നോക്കിയും കണ്ടും ഒക്കെയാണ് വാങ്ങിക്കുന്നത് പക്ഷേ പാത്രം വാങ്ങിക്കാനുള്ള കടയിൽ കയറിയാൽ അതിലേറ്റവും മോശമായത് വാങ്ങി കഴിഞ്ഞേണ്ടി പോകും പാത്രങ്ങളാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ രോഗിയാക്കുന്നത് ഈ പാത്രങ്ങളെല്ലാം നിങ്ങളുടെ ഉള്ളിൽ ചെല്ലുമോ നോർക്കണം ഒരു ജീവിതകാലം കൊണ്ട് എത്ര കിലോഗ്രാം അലുമിനിയം ക്ലോറൈഡും അലൂമിനിയം ഓക്സൈഡും ഒക്കെ ഒരു മനുഷ്യൻ കേരളത്തിൽ തിന്നുന്നുണ്ടെന്ന് നോക്കണം അലൂമിനിയം ഈ സാമ്യം എന്താ ഈ പറയാ അല്ലെ കടത്തിൽ ചോറ് രാവിലെ വെച്ച് വെച്ചിട്ട് വൈകുന്നേരം വടിച്ചു പോ അടിയിലെ ചോറുകളിൽ അലൂമിനിയം നല്ലപോലെ പ്രസിദ്ധിറ്റേറ്റായി തിളങ്ങുന്നതാണ് ഇന്നും വേണ്ട ഇനി എന്നിട്ട് ആ പാത്രത്തിനകത്ത് വെള്ളമൊഴിച്ചു വെക്കുക നാളെ കഴിഞ്ഞെടുക്കുക വെള്ളം ഊറ്റിക്കളയുക കൈ കൊണ്ട് വഴിക്കുക ഒരു തൈരുകാണു എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ തമിഴ്നാട്ടിൽ വരുന്ന അലുമിനിയം ബക്കറ്റുകളിൽ വരുന്ന തൈരുണ്ട് നല്ലൊരു മൂളി കെട്ടിയത് അത് ചില സമയത്ത് ആ അലുമിനിയം ബക്കറ്റ് തുളയും തുളയുന്നത് ഈ തൈര് കുളിച്ചിരുന്ന് ഇരുന്ന് ഇരുന്നിരുന്നിരുന്നിരുന്ന് തുളയുന്ന ചെറുതായിട്ടൊന്ന് തുളഞ്ഞ് തൈരിൻ്റെ ഒരു അംശം വരുമ്പോൾ കാക്ക അവിടെ വന്ന് കൊത്തും കാക്ക ആദ്യത്തെ കുത്തു കുത്തിയിട്ട് തലകൊണ്ട് രണ്ട് കുടച്ചിൽ കുടഞ്ഞ് അത് അകത്ത് പോകാതിരിക്കാൻ വിടും നിങ്ങൾക്കങ്ങനെ കുടഞ്ഞ് വിടാനും അറിയില്ല അത് ആ ത തൈര് ഇടിക്കുക അപ്പം തൈരിങ്ങനെ ഒഴുകി അങ്ങനെ ഒഴുകി കിടക്കുന്ന തൈരിൻ്റെ മുകളിലെ പാടം നോക്കുക അതിനകത്ത് ഈ അലുമിനിയം തിളങ്ങുന്നതാണ് ഈ അലുമിനിയം അകത്തിയില്ല തൈര് അലൂമിനിയം മലബന്ധം ഉണ്ടാക്കുന്ന ഒരു വലിയ സാധനമാണ് എടുക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം ക്രോമിയം അലൂമിനിയം ശുദ്ധമല്ലാത്ത